അതിനാൽ നീ മതത്തിലേക്ക് നിഷ്കപടനായി നിന്റെ മുഖം തിരിക്കുക അള്ളാഹുസുബഹാനഹുവ ചായാല മനുഷ്യരെ സൃഷ്ടിച്ച ആ പ്രകൃതിയാണത് അള്ളാഹുസുബഹാനഹൂവ ചായാലായുടെ സൃഷ്ടിപ്പിൽ മാറ്റമില്ല അതാണ് നേരായ മതം എന്നാൽ മനുഷ്യരിൽ അധികവും അതറിയുന്നില്ല